അധ്യായം ഇരുപത് അതിന്റെ ശേഷം മോവാബ്യരും അമ്മൂന്യരും അവരോടുകൂടെ മെയ്യൂന്യരിൽ ചിലരും യഹോഷഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു ചിലർ വന്ന് യഹോഷാഫാത്തിനോട് വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു ഇതാ അവർ എൻഗതി എന്ന ഹസോൻ താമാരിൽ ഉണ്ട് എന്നറിയിച്ചു യഹോ ഷാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താൽപര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദിയർ ഒന്നിച്ചുകൂടി സകല യഹൂദ നഗരങ്ങളിൽ നിന്നും അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു യഹോ ഷാഫാത്ത് ആലയത്തിൽ പുതിയ പ്രാകാരത്തിന്റെ മുമ്പിൽ യഹൂദയുടെയും യരുശലേമിന്റെയും സഭാമധ്യെ നിന്നുകൊണ്ട് പറഞ്ഞതെന്തെന്നാൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ ഹോവി നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ ഞങ്ങളുടെ ദൈവമേ നീ നിന്റെ ജനമായ ഇസ്രയേലിന്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കി നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ അവർ പാർത്തു ന്യായവിധിയുടെ വാൾ മഹാമാരി ക്ഷാമം എന്നിങ്ങനെയുള്ള വല്ല അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിന്റെ മുമ്പിലും നിന്റെ സന്നിധിയിലും നിന്ന് നിന്റെ നാമം ഈ ആലയത്തിലുണ്ടല്ലോ ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷ വരുത്തുകയും ചെയ്യും എന്ന് പറഞ്ഞു അതിൽ തിരുനാമത്തിനുവേണ്ടി നിനക്കൊരു വിശുദ്ധ മന്ദിരം പണിതു ഇസ്രയേൽ മിസ്രൈൻ ദേശത്തു നിന്ന് വരുമ്പോൾ അവർ അമ്മൂന്യരെയും മോവാബിലെയും സേയിർ പർവ്വതക്കാരെയും ആക്രമിപ്പാൻ നീ അനുവാദം കൊടുത്തില്ലല്ലോ അവർ അവരെ നശിപ്പിക്കാതെ വിട്ടുമാറി ഇപ്പോൾ ഇതാ നീ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന നിന്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളവാൻ അവർ വന്നു ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതിഫലം തരുന്നു ഞങ്ങളുടെ ദൈവമേ നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല എന്തു ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അങ്ങനെ യഹൂദ്യറൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു അപ്പോൾ സഭാമധ്യെ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മഥന്യാവിന്റെ മകനായ യയിയേലിന്റെ മകനായ ബനായാവിന്റെ മകനായ സഖരിയാവിന്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവിന്റെ വന്നു അവൻ പറഞ്ഞതെന്തെന്നാൽ യഹൂദിയ റൊക്കെയും യെരുശലേ നിവാസികളും യഹോ ഷാഫാത്ത് രാജാവും ആയുള്ളവരെ കേട്ടുകൊള്ളുവീൻ യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത് ഭ്രമിക്കുമരുത് യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിന്റേതത്ര നാളെ അവരുടെ നേരെ ചൊല്ലുവിൻ ഇതാ അവർ സീസ് കയറ്റത്തിൽ കൂടി കയറി വരുന്നു നിങ്ങളവരെ എരുവേൽ മരുഭൂമിക്കെതിരെ തോട്ടിന്റെ അറ്റത്തു വെച്ച് കാണും ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല യഹൂദയും യരുശലേമുമായുള്ളവരെ നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്കു വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളീൻ ഭയപ്പെടരുത് ഭ്രമിക്കയുമരുത് നാളെ അവരുടെ നേരെ ചെല്ലുവീൻ യഹോവ നിങ്ങളോടുകൂടെ ഉണ്ട് പ്പോൾ യെഹോ ഷാഫാദ് സാഷ്ടാംഗം വണങ്ങി യഹൂദറൊക്കെയും യരുഷലേം നിവാസികളും യഹോവയുടെ മുമ്പാകെ വീണ് നമസ്കരിച്ചു ടെഹാത്യരും കോരഹീനുമായ ലേവ്യർ ഇസ്രയേലിന്റെ ദൈവമായ യെഹോവയെ അത്യുഷ്യത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു പിന്നെ അവർ അധികാലത്തെഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു അവർ പുറപ്പെട്ടപ്പോൾ യഹോഷഫാദ് നിന്നുകൊണ്ട് യഹൂദീരും യരുസേം നിവാസികളും ആയുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും അവന്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പീൻ എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും എന്ന് പറഞ്ഞു പിന്നെ അവൻ ജനത്തോടാലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ അവന്റേതായതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു അവർ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മൂന്യരുടെയും മോവാബ്യരുടെയും സെയ്യർ പർവ്വതക്കാരുടെയും നേരെ പതിയിരുപ്പുകാരെ വരുത്തി അങ്ങനെ അവർ തോറ്റുപോയി അമ്മൂന്യരും മോവാബ്യരും ർ പർവ്വതനിവാസികളോട് എതിർത്ത് അവരെ നിർമ്മൂലമാക്കി നശിപ്പിച്ചു സെയ്യിർ നിവാസികളെ സംഹരിച്ച ശേഷം അവർ അന്യൂന്യം നശിപ്പിച്ചു യഹൂദ്യർ മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിനരികെ എത്തിയപ്പോൾ അവർ പുരുഷാരത്തെ നോക്കി അവർ നിലത്ത് ശവങ്ങളായി കിടക്കുന്നത് കണ്ടു ഒരുത്തനും ചാടിപ്പോയിരുന്നില്ല യഹോ ഷഫാത്തും അവന്റെ പഠജനവും അവരെ കൊള്ളയിടുവാൻ വന്നപ്പോൾ അവരുടെ ഇടയിൽ അനവധി സമ്പത്തും വസ്ത്രവും വിശേഷ വസ്തുക്കളും കണ്ടെത്തി തങ്ങൾക്ക് ചുമപ്പാൻ കഴിയുന്നതിലധികം ഊരിയെടുത്തു കൊള്ള അധികമുണ്ടായിരുന്നതുകൊണ്ട് അവർ മൂന്ന് ദിവസം കൊള്ളയിട്ടുകൊണ്ടിരുന്നു നാലാം ദിവസം അവർ ബരാഖ താഴ്വരയിൽ ഒന്നിച്ചുകൂടി അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ബരാഖ താഴ്വര എന്നു പേർ പറഞ്ഞുവരുന്നു യഹോവ അവർക്ക് ശത്രുക്കളുടെ മേൽ ജയസന്തോഷം നൽകിയതുകൊണ്ട് യഹൂദീരും യരുശലേമിരും എല്ലാം മുമ്പിൽ യഹോശഫാത്തുമായി സന്തോഷത്തോടെ യരുസലേമിലേക്ക് മടങ്ങിപ്പോന്നു അവർ വീണകളോടും കിന്നരങ്ങളോടും കാഹളങ്ങളോടും കൂടെ യരുഷലേമിൽ യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു യഹോവ ഇസ്രയേലിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ ദൈവത്തിന്റെ ഭീതി ആ ദേശങ്ങളിലെ സകല രാജ്യങ്ങളിൽമേലും വന്നു ഇങ്ങനെ അവന്റെ ദൈവം ചുറ്റും വിശ്രമം നൽകിയതുകൊണ്ട് യഹോശഫാത്തിന്റെ രാജ്യം സ്വസ്ഥമായിരുന്നു യഹോഷഫാ യഹൂദയിൽ വാണു വാണു അവനെ മുപ്പത്തഞ്ച് വയസ്സായിരുന്നു അവൻ ഇരുപത്തഞ്ച് സംവത്സരം എരുഷലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് അസൂബ എന്നു പേർ അവൾ ശിൽഹിയുടെ മകൾ ആയിരുന്നു അവൻ തന്റെ അപ്പനായ ആസയുടെ വഴിയിൽ നടന്ന് അത് വിട്ടുമാറാതെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം ജനം തങ്ങളുടെ ഹൃദയങ്ങളെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചതുമില്ല യഹോഷഫാത്തിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യ അവസാനം ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ചേർത്തിരിക്കുന്ന ഹനാനിയുടെ മകനായ യഹുവിന്റെ വൃത്താന്തത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ അതിന്റെ ശേഷം യഹൂദ രാജാവായ യഹോഷഫാദ് ഇസ്രായേൽ രാജാവായ അഹസിയാവോട് സഖ്യത ചെയ്തു അവൻ മഹാദുഷ്പവർത്തിക്കാരനായിരുന്നു അവൻ തർശീസിലേക്ക് ഓടിപ്പാൻ കപ്പലുണ്ടാക്കുന്നതിൽ അവനോട് യോജിച്ചു അവർ എസ്യോൻ ഗേബറിൽ വച്ച് കപ്പലുകൾ ഉണ്ടാക്കി എന്നാൽ മാരശക്കാരനായ ദോദാവയുടെ മകൻ എലിയേസ് യഹോഷഫത്തിന് വിരോധമായി പ്രവചിച്ചു നീ അഹസ്യാവോട് സഖ്യത ചെയ്തതുകൊണ്ട് യഹോവ നിന്റെ പണികളെ ഉടച്ചുകളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കപ്പലുകൾ തർശീസിലേക്ക് ഓടുവാൻ കഴിയാതെ ഉടഞ്ഞുപോയി